നിങ്ങളിൽ ആരെങ്കിലും ഈന്തപ്പനകളും മുന്തിരിത്തോപ്പുകളും നിറഞ്ഞ താഴെയായി പുഴകളൊഴുകുന്നൊരു തോട്ടം ആഗ്രഹിക്കില്ലേ അതിൽ എല്ലാത്തരം ഫലങ്ങളും അവനുണ്ടാകും എന്നാൽ അവൻ വാർധക്യത്തിലാവുകയും അവന് ദുർബലരായ സന്ധാനങ്ങൾ ചെയ്ത സമയത്ത് തീ ഉൾപ്പെട്ട ഒരു ചുഴലിക്കാറ്റ് അതിനെ ബാധിക്കുകയും അത് കത്തിയമരുകയും ചെയ്താൽ അവനെന്തു ചെയ്യും നിങ്ങൾ ചിന്തിക്കുന്നതിനായി അള്ളാഹു സുബഹാനഹുവ ത്യാല നിങ്ങൾക്കിപ്രകാരം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു